അനന്തരം തന്റെ മകനായ യോനഥാനോടും സകല ഭൃത്യന്മാരോടും ദാവിദിനെ കൊല്ലണമെന്ന് കൽപ്പിച്ചു എങ്കിലും മകനായ യോനഥാന് ദാവിദിനോട് വളരെ ഇഷ്ടമായിരുന്നതുകൊണ്ട് യോനഥാൻ ദാവീദിനോട് എന്റെ അപ്പനായ ശൌൽ നിന്നെ കൊല്ലുവാൻ നോക്കുന്നുവെന്നു ആകെയാൽ നീ രാവിലെ സൂക്ഷിച്ച് ഗൂഢമായൊരു സ്ഥലത്ത് ഒളിച്ചു പാർക്കാക്കാം ഞാൻ പുറപ്പെട്ട് നീ ഇരിക്കുന്ന വയലിൽ എന്റെ അപ്പന്റെ അടുക്കൽ നിന്നെക്കുറിച്ച് എന്റെ അപ്പനോട് സംസാരിക്കും ഞാൻ ഗ്രഹിക്കുന്നത് നിന്നെ അറിയിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ യോനാഥാൻ തന്റെ അപ്പനായ ശൗലിനോട് ദാവിദിനെ കുറിച്ച് ഗുണമായി സംസാരിച്ചു പറഞ്ഞത് രാജാവ് തന്റെ കൃത്യനായ ദാവിദിനോട് ദോഷം ചെയ്യരുതേ അവൻ നിന്നോട് ദോഷം ചെയ്തിട്ടില്ല അവന്റെ പ്രവൃത്തികൾ നിനക്ക് ഏറ്റവും ഗുണകരമായിരുന്നതേയുള്ളൂ അവൻ തന്റെ ജീവനെ ഉപേക്ഷിച്ചും കൊണ്ടല്ലോ ആ ഫെലിസ്തീനെ സംഹരിക്കുകയും അങ്ങനെ യഹോവ എല്ലാ ഇസ്രയേലിനും വലിയൊരു രക്ഷ വരുത്തുകയും നീ അത് കണ്ട് സന്തോഷിച്ചു ആകയാൽ നീ വെറുതെ ദാവീദിനെ കൊന്ന് കുറ്റമില്ലാത്ത രക്തം ചുരിഞ്ഞ് പാപം ചെയ്യുന്നത് എന്തിനു യോനധന്റെ വാക്കുകേട്ട് യഹോവയാണ് അവനെ കൊല്ലുകയില്ല എന്ന് ശൌലി സത്യം ചെയ്തു പിന്നെ യോനാഥാൻ ദാവീദിനെ വിളിച്ച് കാര്യമെല്ലാം അറിയിച്ചു യോനധാൻ ദാവീദിനെ ഷൌലിന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ മുമ്പിലത്തെ പോലെ അവന്റെ സന്നദ്ധിയിൽ നിൽക്കുകയും ചെയ്തു പിന്നെയും യുദ്ധമുണ്ടായാറെ ദാവീദ് പുറപ്പെട്ട് ഫിലിസ്തീനോട് പടവെട്ടി അവരെ കഠിനമായി തോൽപ്പിച്ചു അവർ അവന്റെ മുമ്പിൽ നിന്ന് ഓടിയിഹോവിന്റെ പക്കൽ നിന്ന് ദുരാത്മാവ് പിന്നെയും മേൽ വന്നു അവൻ കൈയിൽ കുന്തവും പിടിച്ച് തന്റെ അരമനയിൽ ഇരിക്കെയായിരുന്നു ദാവീദ് കിന്നരം വായിച്ചു അപ്പോൾ ശൗൽ ദാവീദിനെ കുന്തം കൊണ്ട് ചുവരോട് ചേർത്ത് കുത്തുവാൻ നോക്കി അവനോ ശൗലിന്റെ മുമ്പിൽ നിന്ന് മാറിക്കളഞ്ഞൊഞ്ഞു കുന്തം ചുവരിൽ തറച്ചോച്ചു ദാവീദ് ആ രാത്രിയിൽ തന്നെ ഓടിപ്പോയി രക്ഷപ്പെട്ടു ദാവീദിനെ കാത്തുനിന്ന് രാവിലെ കൊന്നുകളയേണ്ടതിന് ശൗൽ അവന്റെ വീട്ടിലേക്ക് ദൂതന്മാരെ അയച്ചു ദാവീദിന്റെ ഭാര്യയായ മീക്കൾ അവനോട് ഈ രാത്രിയിൽ നിന്റെ ജീവനെ രക്ഷിച്ചുകൊണ്ടില്ലെങ്കിൽ ും എന്ന് പറഞ്ഞു അങ്ങനെ മീഖലുകൾ കിളിവാതിലിൽ കൂടി ഇറക്കി വിട്ടു അവൻ ഓടിപ്പോയി രക്ഷപ്പെട്ടു മീഖകൾ ഒരു ബിംബം എടുത്ത് കട്ടിലിന്മേൽ കിടത്തീട്ടി അതിന്റെ തലക്കേക്ക് കോലാട്ടുരോമം കൊണ്ടുള്ള മൂടിയും ഒരു വസ്ത്രം കൊണ്ട് പുതപ്പിച്ചു ദാവീദിനെ പിടിപ്പാൻ പ്പോൾ അവൻ ദീനമായി കിടക്കുന്നു എന്നവൾ പറഞ്ഞു എന്നാറേ ഞാൻ അവനെ കൊല്ലേണ്ടതിന് കിടക്കയോടെ എന്റെ അടുക്കൽ കൊണ്ടുവരുവേ എന്ന് കൽപ്പിച്ചു ദാവിദിനെ ചെന്നു നോക്കുവാൻ ദൂതന്മാരെ അയച്ചു ദൂതന്മാർ ചെന്നപ്പോൾ കട്ടിലിന്മേൽ ഒരു ബിംബം കോലാട്ടുരോമം കൊണ്ടുള്ള ഒരു മൂടിയുമായി കിടക്കുന്നത് കണ്ടു എന്നാറേ ഷൌൽ നീ ഇങ്ങനെ എന്നെ ചതിക്കുകയും എന്റെ ശത്രു ചാടിപ്പോകുവാൻ അവനെ വിട്ടയക്കുകയും ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന് എന്നെ വിട്ടയക്ക അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുമെന്ന് എന്നോട് പറഞ്ഞു എന്ന് ൗലിനോട് പറഞ്ഞു ഇങ്ങനെ ദാവീദ് ഓടിപ്പോയി രക്ഷപ്പെട്ടു രാമയിൽ ഷമുവേലിന്റെ അടുക്കൽ ചെന്നു ശൗൽ തന്നോട് ചെയ്തതൊക്കെയും അവനോട് അറിയിച്ചു പിന്നെ അവനും ഷമുവേലും പുറപ്പെട്ട് നയ്യോത്തിൽ ചെന്നു പാർത്തു അനന്തരം ദാവീദ് രാമയിലെ നയ്യോത്തിൽ ഉണ്ടെന്നെന്ന് ശൗലിന് അറിവ് െ പിടിപ്പാൻ അയച്ചു അവർ പ്രവാചക സംഘം പ്രവചിക്കുന്നതും ശമു വേൽ അവരുടെ തലവനായിരിക്കുന്നതും കണ്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ദൂതന്മാരുടെ മേലും വന്നു അവരും പ്രവചിച്ചു ശൗലതറിഞ്ഞപ്പോൾ വേറെ ദൂതന്മാരെ അയച്ചു അവരും അങ്ങനെ തന്നെ പ്രവചിച്ചു പിന്നെയും മൂന്നാം പ്രാവശ്യം ദൂതന്മാരെ അയച്ചു അവരും പ്രവചിച്ചു പിന്നെ അവൻ തന്നെ രാമയിലേക്ക് പോയി സേക്കുവിലെ വലിയ കിണറ്റിങ്കൽ എത്തി ശമുവേലും ദാവിദും എവിടെയാകുന്നു എന്ന് ചോദിച്ചു അവർ രാമയിലേലെ നയ്യോത്തിലുണ്ട് എന്ന് ഒരുത്തൻ പറഞ്ഞിരുന്നു അങ്ങനെ അവൻ രാമയിലേയിലെ നയ്യോത്തിന് ചെന്നു ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേലും വന്നു അവൻ രാമയിലെ നെയ്യൊത്തിൽ എത്തും വരെ പ്രവചിച്ചുകൊണ്ട് നടന്നത് അവൻ തന്റെ വസ്ത്രം ഉരിഞ്ഞുകളഞ്ഞു അങ്ങനെ ശമുലിന്റെ മുമ്പാകെ പ്രവചിച്ചുകൊണ്ട് അന്ന് മുഴുവനും നഗ്നനായി കിടന്നു ആകയാൽ ശൌരമുണ്ടോ പ്രവാചകഗണത്തിൽ എന്ന് പറഞ്ഞുവരുന്നു